ദേവാംശീ യ സമാനം സ്വയം അകുരുത്തുച്യ യൈ തത്സുഹൃതം രസോ വൈ സഹം ലബ്വാനന്ദീഭവതികേഷനന്ദോ എ യ്യതസ് അദൃശ്യേ അനഗ്മേ അനിരു അനയം പ്രതിഷ്ഠാ വിദത്തെ അഥ സോ അഭയം ഗോ ിയേഷം ഗുരുതേ അഥ തയം തയം വിദുഷോമന് തലോകോ ാണ് അത് അഗ്ര ആസിന്നായി സന്ധി വന്നു ഇതം അഗ്രേ അസദ് ആസിദ് അസദ്വാസ ഇവിടെയൊക്കെ സന്ധി വന്നിരിക്കുകയാണ് അസദ്വായ് എന്നുള്ളത് അസദ് വ എന്നായി അഗ്രേ എന്നുള്ളത് അഗ്രഹം അസദ്ധി വ്യാകൃത നാമരൂപവിശേഷ വിപരീതരൂപം അവികൃതം ബ്രഹ്മ ഉച്ച പറയുന്നു വ്യാകൃത നാമരൂപവിശേഷം വിപരീതം വ്യാകൃത നാമരൂപവിശേഷം എന്ന് പറയുന്നത് പ്രപഞ്ചം ഇതാണ് വ്യാകൃത നാമരൂപവിശേഷം വ്യാകൃതമായതെന്ന് വെച്ചാൽ വ്യക്തമായ പ്രകടമായത് പ്രകടമായ നാമരൂപങ്ങൾ നാമരൂപവിശേഷം എന്ന് പറഞ്ഞാൽ നാമരൂപ ഭേദങ്ങൾ നാനാതരത്തിലുള്ള നാമരൂപങ്ങൾ പ്രകടമായിരിക്കുന്ന നാനാതരത്തിലുള്ള നാമരൂപങ്ങൾ അതാണ് ഈ പ്രപഞ്ചം ഇതിന് സത്ത് എന്ന് പറയുന്നു എന്തുകൊണ്ട് നമ്മുടെ അനുഭവം അങ്ങനെയാണ് നമ്മൾ പറയുന്നു പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്ന നാമരൂപാത്മകമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ ഈ പ്രപഞ്ചത്തിലെ ഓരോ അംശത്തിനേയും നമ്മൾ പറയും സത്ത് പുസ്തകം സത്ത് ഏതിനെ കുറിച്ചാണ് അസ്ഥി ഉണ്ട് എന്ന് പറയുന്നത് അതിനാ സത്ത് െ സംബന്ധിച്ച് നമുക്ക് ഉണ്ട് എന്ന് പറയാൻ കഴിഞ്ഞാൽ അത് സത്തായി പുസ്തകമുണ്ട് മേശയുണ്ട് രാമനുണ്ട് കൃഷ്ണനുണ്ട് ഇങ്ങനെ പൃഥിവി ആദി ഭൂതങ്ങളെ സംബന്ധിച്ചെല്ലാം അസ്ഥി അസ്ഥി ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഇതെല്ലാമാണ് സത്ത് ഇപ്പൊ പ്രപഞ്ചം ആകവേ അത് നാമരൂപങ്ങളവിടെ പ്രകടമായിരിക്കുന്നു അതിന് വിപരീതം അപികൃതം ഇതിന് വിപരീതമായ ഒന്ന് ഇതിന് വിപരീതമായത് എന്ന് പറയുമ്പോ ഇവിടെ എന്തെല്ലാം അനുഭവപ്പെടുന്നുണ്ടോ അതെല്ലാം സത്താണ് അഭികൃതം പ്രകടമാകാത്തത് അതാണ് അസത്വം അതിങ്ങനെ പ്രകടമാകാതിരിക്കുന്നത് ജാഗ്ര ജാഗ്രത നാമരൂപം നമ്മുടെ ശരീരം ഉൾപ്പെടെയുള്ള സർവതും നാമവും രൂപവും ആകൃതിയും ഉള്ളതാണ് നാമരൂപങ്ങളോടുകൂടിയ സർവതും നമുക്ക് അനുഭവപ്പെടുന്നു ഇതല്ല സത്ത് സത്തായിട്ടാണ് അനുഭവപ്പെടുന്നത് അസ്ഥി എന്ന് അനുഭവപ്പെടുന്നത് നാമരൂപത്തോടുകൂടി ഒന്നിനെയും നമുക്ക് നാസ്തി എന്ന് അനുഭവിക്കാൻ കഴിഞ്ഞ എല്ലാം അസ്ഥി അസ്ഥി എന്ന് അനുഭവിക്കുന്നു എന്തെങ്കിലും ഒരു ആകൃതിയും നാമം അത് അസ്ഥി എന്തായാലും സ്വപ്നം അവിടെയും അങ്ങനെ ും നമ്മൾ അനുഭവപ്പെടുന്ന അസ്ഥി അവിടെ ഉള്ളതൊന്നും ജാഗ്രതത്തിലല്ല പക്ഷെ സ്വപ്നത്തിൽ ആനയും കുതിരയും എല്ലാം നാമവും ആകൃതിയും ഉള്ളതാണ് എല്ലാം നമ്മളറിയുന്നു അസ്ഥി ഉണ്ട് ജാഗ്രത സ്വപ്നവും എല്ലാം സത്ത് എന്തുകൊണ്ട് നാമരൂപാത്മകമായി നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് സുഷുപ്തിയോ അപികൃതം എന്ത് അപികൃതമാണ് എന്തുകൊണ്ട് അവിടെ നാമരൂപം അങ്ങനെ ഒന്നും അനുഭവപ്പെടുന്നുണ്ട് നാമരൂപാത്മകമായി അവിടെ ഒന്നിനി അനുഭവപ്പെടുന്നുണ്ട് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചു കഴിഞ്ഞു എങ്ങനെ ഇത് സിഷ്ടമായി എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുഭവത്തിന് വിഷയമായി എങ്ങനെ ജാഗ്രത സ്വപ്നങ്ങളിലൂടെ ജാഗ്രത സ്വപ്നത്തിനും നമ്മൾ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നു അങ്ങനെ അനുഭവിക്കുമ്പോൾ ഇത് സത്തായി എന്നാൽ സുഷുതിയിലോ അവിടെ നാമരൂപങ്ങളുണ്ട അസത്ത് അതിന് ഇവിടെ പറയാൻ എന്താണത് സത് വിപരീതം എന്നാണ് ഇവിടെ അസത്തിന്റെ അർത്ഥം അസത്തിന് നേരെ വിപരീതമായിട്ടുള്ളത് എന്നാൽ നാമരൂപങ്ങൾ പ്രകടമാകാത്തത് അതാണ് ഇവിടെ അസത്തെന്ന് പറയുന്നത് അപ്പൊ അതെന്താ ഈ ബ്രഹ്മ അസത് ബ്രഹ്മേ അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ബ്രഹ്മ അത് അങ്ങനെ മനസ്സിലാക്കിയില്ലെങ്കിൽ തകരാറ് ഒരു എന്താണ് പുന അത്യന്തമ അസത്ത് അസത്ത് എന്ന് പറയുമ്പത്യന്ത അസത്ത് എന്ന് പറയാൻ പറ്റത്തില്ല അത്യന്ത അസത്ത് എന്ന് പറയുന്ന ഒന്ന് നമുക്ക് സങ്കല്പിക്കാൻ കൂടി പ്രയാസമാണ് ശൂന്യം അങ്ങനെ കാരണം അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ പ്രയാസമുള്ള കാര്യമാണ് അത്യന്തമായ അസത്ത് ആകാശ കുസുമെന്ന് പറയുന്നു ആകാശകുസുമെന്ന് പറയുന്നതും അങ്ങനെ ഒരു വസ്തുവില്ല അതുകൊണ്ട് മാത്രം അത് നമ്മൾ അസത്തെന്ന് പറയുന്നു പക്ഷെ അവിടെയും നമ്മുടെ ബുദ്ധിയിലൂടെ ആകാശം കുസുമം ഇതെല്ലാം കടന്നു പോകുന്നു മാമു രൂപമുള്ള ആകാശവും കുസുമെല്ലാം കിടന്നു പോയാലേ നമുക്ക് ആകാശ കുസുമോ എന്ന് പറയാം പക്ഷേ ആകാശത്തിലുള്ള പുഷ്പം വിക്ഷങ്ങളും ലതകളും ഒന്നുമില്ലാതെ ആകാശത്തിൽ വിരിയുന്ന ഒരു പുഷ്പം അങ്ങനെയൊന്നുമില്ല അപ്പൊ ആകാശത്തെയും പുഷ്പത്തെയും അറിയുന്നവന് ആകാശത്തിൽ ഒരു പുഷ്പം വിരിയുന്ന അനുഭവം ഇല്ലാത്തോണ്ട് അതിനാ പറയുന്നു അസത്ത് അതുപോലെ ആകാശകുസുമ്പോലെ ഒരു അസത് അതല്ല ഇവിടെ പറയുന്നു അസത് ഇതം ഈ കാണുന്നതല്ല ഇതിനെക്കുറിച്ച് പറയുകയാണ് ഇത് അഗ്രേ സൃഷ്ടിക്കുന്ന മുമ്പ് ഈ കാണുന്ന സൃഷ്ടിക്കുന്ന മുമ്പ് അസത്തായിരുന്നു പ്രകടമാകായിരുന്നു ഇതം ഈ പ്രപഞ്ചാനുഭവം ഈ ജാഗ്രസ്വത്തിനാനുഭവം ഇതാണ് പ്രപഞ്ചാനുഭവം അതല്ലാതെ വേറൊരു പ്രപഞ്ചാനുഭവം ഇല്ല ഈ ജാഗ്രസ്വത്തിനുഭവം അഗ്രേ ഈ അനുഭവത്തിന് മുമ്പ് ഈ അനുഭവത്തിന് മുമ്പ് എപ്പോഴാണ് ഈ അനുഭവത്തിന് മുമ്പെന്ന് പറയുന്നത് സുഷൃക്തിയിൽ അവിടെ അസദ് ഇത് പ്രകടമാകാതിരുന്നു പ്രകടമായില്ല എന്നാണ് പറയുന്നത് ഇത് പ്രകടമാകാതിരിക്കണമെങ്കിൽ ഇതിന് പ്രകടമാകുന്നതിനുള്ള എന്തോ നമ്മുടെ ഉണ്ടായിരുന്നു ഇത് പ്രകടമാകുന്നതിനുള്ള കാരണമുണ്ടായിരുന്നു അതിൽ നിന്നാണ് ഇത് പ്രകടമായത് ജാഗ്രത സ്വപ്നം ഇത് പ്രകടമാകുന്നതിനുള്ള ആ കാരണം അതിനെ കാരണാവസ്ഥ എന്ന് പറയാം അത് അവ്യാകൃതം എന്ന് പറയുന്നു ഇവിടെ അസത്വം എന്ന് പറഞ്ഞാൽ എന്താണ് അവ്യാകൃതം പ്രകടമാകാത്ത അവസ്ഥ ഇതെങ്ങനെയാണോ ഒരു ജീവന് അനുഭവപ്പെടുന്നത് അത് ഈ സമഷ്ടി പ്രപഞ്ചത്തിലും അതുതന്നെ ഈ സമഷ്ടി പ്രപഞ്ചത്തിൽ അനന്തമായ ജീവന്മാർക്കുണ്ട് ആ അനന്തത ഈ സൃഷ്ടിക്ക് മുമ്പ് പ്രകടമാകാതിരുന്നു സൃഷ്ടിരൂപത്തിൽ പ്രകടമാകാതിരുന്നു അത് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്കുമ്പുള്ള ഭാവം അസദ്ഭാവം അതങ്ങനെ വിശദീകരിക്കുന്ന എന്തിനു കാരണം നമ്മുടെ ഈ അനുഭവത്തിൽ സത് അസത്ത് എന്ന് രണ്ട് വിപരീത അനുഭവങ്ങളുണ്ട് സത്ത് എന്ന് പറയുന്ന അസ്ഥി എന്ന് പറയുന്ന അനുഭവം പറയുന്നു പുസ്തകം അസ്ഥി അസ്ഥിത്വ അനുഭവം ഇതിന് നേര വിപരീതമായൊരു അനുഭവം ഉണ്ട് നസ്തിപ്പ് ഇതിനെ നിഷേധിക്കുന്ന പുസ്തകം നസ്തി സത് അസത്ത് എന്നുള്ള ഈ രണ്ടനുഭവങ്ങളിൽ അസ്തിത്വാനുഭവവും നാസ്തിത്വ അനുഭവമുണ്ട് നാസ്തി എന്നു പറവും അസ്തിത്വാനുഭവത്തെ പൂർണമായും നിഷേധിച്ചു ഇല്ല ഇല്ലായ്മ അതിന് നമ്മൾ വേറെ തരത്തിൽ പറയും ശൂന്യത അത്തരത്തിലൊരു കേവല ശൂന്യത അതാണോ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നത് അല്ല അതിനെ നിഷേധിക്കുന്നു നഹിയാശ സത് ജന്മാസ്ഥി അങ്ങനെയൊരു ഇല്ലായ്മയിൽ നിന്നൊന്നും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകം ഇവിടെ ഇരിക്കുന്നു അതെവിടെ നിന്നാണ് ഉണ്ടായത് ഇതിനെ നിഷേധിച്ചു കഴിഞ്ഞപ്പോൾ ഇതില്ല ആ ഇല്ലായ്മയിൽ നിന്നാണോ ആ പുസ്തകം ഉണ്ടായത് അങ്ങനെ ഉണ്ടാകുന്നെങ്കിൽ പിന്നെ പുസ്തകത്തിന് കടലാസ് ആവശ്യമില്ല മഷി ആവശ്യമില്ല അത് നിർമ്മിക്കുന്ന വ്യക്തിയുടെ ആവശ്യമില്ല പക്ഷേ ഇതെല്ലാം കൂടെ കൂടിച്ചേർന്ന് ഒരു വ്യക്തി സൃഷ്ടിച്ചതാണ് അപ്പോ ഈ അസ്തിത്വാനുഭവത്തിന് വിപരീതമായിരിക്കുന്ന ആ നാസ്തിത്വം എന്തിനാണോ നാസ്തി എന്ന് പറയുന്നത് അതിൽ നിന്നും ഉണ്ടായതല്ല അസത ജന്മാസ്തി അസത്തിൽ നിന്ന് സത്തിന്റെ ജന്മം ഉണ്ടാകുന്നില്ല അപ്പൊ ഈ ജാഗ്രസ്വപ്ന അനുഭവങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന അവസ്ഥ സുഷുതി അവസ്ഥ എന്ന് പറയുന്നത് ആ അവസ്ഥ ഇതിൻ്റെ കേവലം നിഷേധമല്ല നമ്മുടെ അനുഭവം എങ്ങനെയാണ് നമ്മൾ പറയുന്നതാണ് ഇതൊന്നും ഇല്ലാതിരുന്ന അവസ്ഥ പുസ്തകവും പേനയും ഒന്നും ഇല്ലാതിരിക്കുന്നത് പോലും ഇതില്ലാതിരുന്ന ഒരവസ്ഥ ഇതിൻ്റെ ഒരു ഭാവസ്ഥ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ശുദ്ധ ശൂന്യത അതിൽ നിന്നിതുണ്ടാവും ഉണ്ടാകുമെങ്കിൽ ഇവിടെ കാണുന്ന ഓരോ വസ്തുക്കളും അതിൻ്റെ ഇല്ലായ്മയിൽ നിന്നൊന്നുണ്ടാകണം ഒരു വസ്തുവിനും അതിൻ്റെ ഉപാധാനം ആവശ്യമില്ലാതെ വരും അതിൻ്റെ കാരണം ആവശ്യമില്ലാതെ വരും അങ്ങനെ കാണുന്നില്ല മണ്ണുണ്ടെങ്കിലേ മൺപാത്രം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ മണ്ണിന് മണ്ണ് മൺപാത്രത്തിൽ നിന്നതുപോലെ ഈ ജാഗ്ര സ്വപ്നങ്ങൾക്ക് കാരണമായ ഒന്നുണ്ട് അതാണ് സുഷിത്യ അവസ്ഥ അതിൽ നിന്നാണ് ഉണ്ടായത് രണ്ടും തമ്മിൽ ഇത്രയും എന്താണ് അവിടെ ഇത് പ്രകടമാകുന്നില്ല ഇവിടെ ഇത് പ്രകടമാകുന്നുണ്ട് ഇത്തരത്തിൽ അസത്തിന് മനസ്സിലാക്കണം മറിച്ച് എന്നുള്ള അർത്ഥത്തിൽ എന്തുകൊണ്ടുണ്ടെങ്കിൽ അസദ സജ്ജന്മാസ്ഥി അങ്ങനെ ഇല്ലായ്മയിൽ നിന്നും സത്തിൻ്റെ ജന്മം നമ്മൾ കാണുന്നില്ല അനുഭവിക്കുന്നില്ല അറിയുന്നില്ല അത് യുക്തിക്ക് നിരക്കുന്നതല്ല അതുകൊണ്ട് അവ്യാകൃതം വ്യാകൃതം അപ്രകടമായ അവസ്ഥ പ്രകടമാകുന്ന അവസ്ഥ ഇതാണ് സത്തും അസത്തും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ പറയുന്നു അത് വിശദീകരിക്കുന്നത് കൊണ്ട് കാരണം അസത്ത് എന്ന് പറയുന്നത് കൊണ്ട് അത് ശൂന്യമാണെന്ന് വ്യാഖ്യാനിക്കുന്നുണ്ട് എന്താ ശൂന്യം അതിന്റെ അർത്ഥമെന്താ ശൂന്യത്തോടെ ചെയ്യുന്നവരെ നമുക്ക് ചിന്തിക്കാം ശൂന്യത്തെ നമ്മളെങ്ങനെ മനസ്സിലാക്കുന്നു നമ്മൾ മനസ്സിലാക്കുന്ന അർത്ഥത്തിൽ നാസ്തി എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ അസത്തിനൊക്കെ സ്വീകരിക്കാൻ പാടില്ല അസത്തും സത്ത് തന്നെ ചുരുക്കത്ത് എന്താ രണ്ട് സത്ത് ഒന്ന് പ്രകടമായിരിക്കുന്ന സത്ത് പെട്ടെന്ന് പ്രകടമാകാത്ത സത് എന്ന അസത്തിനെ വ്യാഖ്യാനിക്കുന്നു ഇതമിതി നാമരൂപ വിശേഷം ജഗത് ഇതം അനുഭവത്തിനു വിഷയമായിരിക്കുന്നു സ്പഷ്ടമായ അനുഭവത്തിനു വിഷയമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇതം ശബ്ദം ഉപയോഗിക്കുന്നത് അസദ്വാ ഇതം ഇതത്തെ വ്യാഖ്യാനിക്കുന്നു നാമരൂപ വിശേഷ വ്യാകൃതം ജഗത്ത് അതാണിതം നാമരൂപ ഭേദങ്ങളോടുകൂടി പ്രകടമായിരിക്കുന്നത് അനുഭവ വിഷയമായിരിക്കുന്നത് അങ്ങനെയുള്ള ജഗത് ഈ പ്രപഞ്ചം അതാണിതം അത് അഗ്രെ പൂർവം പ്രാഗുത്പത്തേഹ് ബ്രഹ്മേവ അത് മുമ്പ് അഗ്രേ എന്ന് പറഞ്ഞാൽ പൂർവം പൂർവം എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തേഹി പ്രാഗ് സൃഷ്ടിക്കുന്നു മുമ്പ് ഈ സൃഷ്ടിക്കുന്ന മുമ്പ് ബ്രഹ്മേവ ബ്രഹ്മൻ തന്നെയായിരുന്നു അതിന് അസത് ശബ്ദവാച്ഛത് ശബ്ദം കൊണ്ട് അതിനെ പറയും സത്തായി അത് തഥാ അസത വൈ സത് പ്രവിഭക്തനാമരൂപവിശേഷം അജായത ഉത്പന്നം തഥ ആ അസത്തിൽ നിന്നോ സത് അസത്തിൽ നിന്നും സത്തുണ്ടായി തതോവൈ സത് അജായുധ സത് നിർജ്ജനന്തരം പ്രപഞ്ചം പ്രവിഭക്തവിശേഷം നാനാ തരത്തിലുള്ള ഏകരൂപത്തിലല്ല നാമരൂപഭേദങ്ങൾ അജായുത ഉൽപ്പന്നം തത പ്രവിഭക്തം കാര്യം ഇത് പിതൃപുത്രേത്യാസ അതിൽ അങ്ങനെ വ്യത്യസ്തങ്ങളായ കാര്യം ഉണ്ടായി എന്ന് പറഞ്ഞു വേറിട്ട കാര്യം ഉണ്ടായിന്നു പറഞ്ഞു വേറിട്ട പറഞ്ഞു പ്രവിഭക്തമായ അതിൽ നിന്ന് എന്താണ് വേർതിരി അതേകമാണ് ഇത് നാനായാണ് അത് അപ്രകടമാണ് ഇത് പ്രകടമാണ് ഇതാണ് അതിൻ്റെ പ്രവിഭാഗം വേറെ തരും എന്താണത് എങ്ങനെയത് ഉണ്ടാകുന്നു പിരിവോ പിത്രോ പുത്രോ പിതാവിൽ നിന്ന് പുത്രനുണ്ടാകുന്നത് സാറിനല്ലോ സൃഷ്ടികർത്താവ് എന്തോ സൃഷ്ടികർത്താവിൻ്റെ ഉപകരണങ്ങളെ കൊണ്ട് ഇങ്ങനെയെല്ലാം സൃഷ്ടിച്ചു ജീവന്മാരെല്ലാം സൃഷ്ടിച്ചു പിതാവും എങ്ങനെയാണോ പുത്രനെ സൃഷ്ടിച്ചത് അതുപോലെ അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്താ ദോഷം പിതാവ് പേര് പുത്രൻപേര് അതുകൊണ്ട് പിതാവ് ഇരിക്കുമ്പോൾ പുത്രൻ മരിക്കുന്നു പുത്രനിരിക്കുമ്പോൾ പിതാവ് മരിക്കുന്നു രണ്ടും രണ്ടാണ് ഒന്നല്ല അതുപോലെ കാരണത്തിൽ നിന്നും വേറിട്ട ഒരു കാര്യം ഉണ്ടായി എന്ന് പറയുമ്പോൾ പിതാവിൽ നിന്നും പുത്രമുണ്ടായതുപോലെയാണ് കാരണത്തിൽ നിന്ന് വേറിട്ടെന്ന് എന്തുകൊണ്ട് പറഞ്ഞു കാരണം പ്രകടമാകുന്നില്ല കാര്യം പ്രകടമായിരിക്കും അത് വെച്ചും വേറിട്ടതാണ് നൈത്യ അങ്ങനെയല്ല അതുപോലല്ല ഇവിടുത്തെ സൃഷ്ടി തത് അസബ്ദവാച്യം സ്വയമേ ആത്മാനമേവുരുതൃതവ് തദ് അസവാച്യം ആ ബ്രഹ്മം അസത്വം ഇവിടെ പറഞ്ഞത് സ്വയമേവ ആത്മാനമേവാകുരുത തന്നെ തന്നെ സൃഷ്ടിച്ചു കുരുതാക്കത്തും തന്നെ തന്നെ സൃഷ്ടിച്ചു എന്നാണ് പിതാവിനെ പിതാവിനെ തന്നെ സൃഷ്ടിക്കാൻ പറ്റും പറ്റത്തില്ലല്ലോ പുത്രനെ സൃഷ്ടിക്കാൻ പറ്റും ഇവിടെ എങ്ങനെ സ്വയം സൃഷ്ടിച്ചു എന്ന് പറയുന്നു സൃഷ്ടിക്കപ്പെട്ടതിനൊന്നിനും സ്വയം സൃഷ്ടിക്കാൻ പറ്റത്തില്ല സാധ്യമല്ല പിതാവും സൃഷ്ടിക്കപ്പെട്ടതാണ് പുണം സൃഷ്ടിക്കപ്പെട്ടതാണ് അതുകൊണ്ട് അതിന് സ്വയം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് അതിന് മറ്റൊരു കാരണം വേണം ഇവിടെ അങ്ങനെയല്ല സ്വയമേവ ആത്മാനമേവാന്നെ തന്നെ പ്രകടമാക്കി മന്ത്രത്തിൽ പറയുന്നത് അജായത താത്മാനം സ്വയം അകുരുത തന്നെ തന്നെ സ്വയം പ്രകടമാക്കി അവിടെ സൃഷ്ടി എന്ന് പറയുന്നത് പ്രകടമാക്കുകയാണ് പിതാവ് പുത്രനെ സൃഷ്ടിച്ചതുപോലെ സൃഷ്ടിക്കുക തന്നും വേറിട്ട ഒന്നിനെ സൃഷ്ടിക്കുകയല്ല മറിച്ച് സ്വയമേവ ആത്മാനമേവാ യസ്മാസ്മാകൃതം സ്വയം കർത്തൃ ഉച്ച അതുകൊണ്ട് എന്ന് പറയുന്നു സ്വയം കർത്തൃ സ്വയം സൃഷ്ടിക്കുന്നവൻ എന്നാണ് സുഹൃത്തത്തിന്റെ അർത്ഥം പുണ്യം എന്നർത്ഥത്തിൽ സുഹൃതശബ്ദം പ്രയോഗിക്കും പക്ഷെ ഇവിടെ സുഹൃത ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത് സ്വയം സൃഷ്ടിക്കപ്പെട്ടവൻ സ്വയം കർത് ഉച്ച സ്വയം കർത്തൃബ്രഹ്മേലി പ്രസിദ്ധം അത് ശാസ്ത്രപ്രസിദ്ധമാണ് ലോകത്തും അറിയാം വിദ്വാൻമാർക്കറിയാം എന്തുകൊണ്ട് സർവകാരണത്വം അത് സർവത്തിനും കാരണമാണ് സർവകാരണമായിരിക്കുന്ന ഒന്നിന് വേറൊരു കാരണം ഇല്ലാത്തതുകൊണ്ട് അതിന് സ്വയം സൃഷ്ടിച്ചാൽ മറിയാവൂ ഈ പ്രപഞ്ചത്തിൽ അങ്ങനെയല്ല ഈ സൃഷ്ടിയിൽ ഉൾപ്പെട്ട എല്ലാം മറ്റൊന്നിനെ സൃഷ്ടിക്കുന്നു അതുകൊണ്ടത് സ്വയം കർത്തറല്ല മറ്റേതോ അതിനെ സൃഷ്ടിച്ചോ അത് മറ്റൊന്നിനെ സൃഷ്ടിക്കുന്നു ബ്രഹ്മം അങ്ങനെയല്ല സ്വയം കർത്തർ അവിടെ സൃഷ്ടി എന്ന് പറയുന്നത് എന്താണ് പ്രകടമാകുക ഉറക്കത്തിൽ നിന്ന് ഉണരു യാത്രകൾ സൃഷ്ടി ഉറക്കത്തിൽ നിന്ന് ആരാ ഉണർന്നത് മറ്റാരെങ്കിലും ഉണർന്നോ എന്താ ഉറങ്ങിയും തന്നെ ഉണർന്നു അതാണ് സ്വയം കടത്തത് ഉറങ്ങിയും തന്നെ ഈ നാമരൂപങ്ങളെ ജാഗ്രതായി സ്വപ്നമായി കൊണ്ട് സർവകാരണമാണ് ജാഗ്രത്തിനും സ്വപ്നത്തിനും കാരണമാണ് കാര്യം ലോകർക്കെല്ലാം അറിയാം ഇതെങ്ങനെയാണ് ഒരു ജീവനിൽ സംഭവിക്കുന്ന അതുപോലെ ഈ സമഷ്ടി പ്രപഞ്ചത്തിന് സംഭവിച്ചതുകൊണ്ട് സൃഷ്ടി ഉണ്ടായി സ്വയം അഗ്രോ സർവം സർവാത്മന തസ്മാ പുണ്യരൂപേണാവി തദൈവ ബ്രഹ്മകാരണം സുഹൃതേ സുഹൃതത്തിന് പുണ്യം എന്നുള്ള ഒരു അർത്ഥമുണ്ടാണ് അത് വിട്ടിട്ട് ഇവിടെ സ്വയം കൃതം ഒരു അർത്ഥം എടുത്തുകൊണ്ട് പറഞ്ഞു പറയുന്നു പുണ്യം എന്നുള്ള അർത്ഥം എടുത്തോളൂ എങ്ങനെയൊരു സ്വയം അഗ്രോ സർവം അത് സ്വയം സർവത്തെയും സൃഷ്ടിച്ചു എങ്ങനെ സർവാത്മനാ സർവാത്മരൂപത്തിന് അത് പിതാവിന്റെ രൂപത്തിലിരുന്ന് പുത്രനെ സൃഷ്ടിച്ചു മാതാവിന്റെ രൂപത്തിലിരുന്ന് പുത്രനെ സൃഷ്ടിച്ചു ബീജത്തിന്റെ രൂപത്തിലിരുന്ന് വൃക്ഷത്തെ സൃഷ്ടിച്ചു സർവാത്മന സർവാത്മാവുമായി അധികം സൃഷ്ടിക്കുന്നു അതുകൊണ്ട് പുണ്യരൂപേണാവി പുണ്യെന്നുള്ള അർത്ഥം കൊണ്ടു തദൈവ ബ്രഹ്മ കാരണം അതുകൊണ്ട് ബ്രഹ്മത്തെ കാരണം സുഹൃതം എന്ന് പറയാം സർവധാപിത് ഫലസംബന്ധാദി കാരണം സുഹൃത ശബ്ദവാച്യം പ്രസിദ്ധം നോക്കി ഈ സുഹൃതം പുണ്യം എന്നുള്ള അർത്ഥം എന്തുകൊണ്ടാണ് പറയുന്നത് യാഗം ചെയ്യുന്നു ദാനം ചെയ്യുന്നു സത്കർമ്മങ്ങൾ ചെയ്യുന്നു അത് പുണ്യമാണ് പുണ്യം എന്ന് പറയുന്നൊരു കാരണമാണ് ഫലത്തിന് കാരണമാണ് സ്വർഗമാകുന്ന ഫലത്തിന് സുഹൃതം കാരണമാണ് പുണ്യം കാരണമാണ് ഈ പ്രപഞ്ചത്തിന് എന്തോ കാരണമായിരിക്കുന്നതിന് സുഹൃതം എന്ന് വിളിക്കാം അതൊരു പുണ്യമാണ് അത് ബ്രഹ്മം അതുകൊണ്ട് സർവതാപിത്വ ഫലസംബന്ധാദി കാരണം സുഹൃത ശബ്ദവാക്യം പ്രസിദ്ധനോക്കെ ഫലസംബന്ധാദി കാരണം കൊണ്ട് യാഗം യാഗത്തിന്റെ ഫലം സ്വർഗം സ്വർഗത്തോട് യാഗ കർത്താവിനെ ബന്ധപ്പെടുത്തുന്നു പുണ്യം നനുഫലസംബന്ധാദി കാരണം സുഹൃത ശബ്ദ വാചും അതുകൊണ്ട് സുഹൃത ശബ്ദത്തിന് പുണ്യം നടത്തും വരാം പ്രസിദ്ധം അത് പ്രസിദ്ധമാണ് അതുകൊണ്ട് ബ്രഹ്മത്തിന് സ്വയം അല്ലെങ്കിൽ സുഹൃതമെന്നോ എന്ന് പറഞ്ഞാൽ ശബ്ദങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യമില്ല ശബ്ദശാസ്ത്രത്തെ അറിയുന്ന ഒരാൾക്ക് ഏത് ശബ്ദത്തിനും എന്തർത്ഥവും പറയാം തികച്ചും വിപരീതമായ അർത്ഥത്തെ പോലും പറയാം നാസ്തി എന്ന് പറഞ്ഞാൽ അസ്ഥി എന്നർത്ഥം പറയാം അതാണ് സുഹൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുണ്യം സർവകാരണമായി അസ്ഥി അസ്ഥിയെ നിഷേധിക്കുകയാണ് അസ്തിത്വത്തെ നിഷേധിക്കുകയാണ് എന്തിനും ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്താണോ അസ്തിത്വ നിഷേധത്തെ അപ്പൊ നിങ്ങള് ബുദ്ധിയിലൊരു കാര്യമുണ്ട് എന്താണ് അസ്തിത്വ നിഷേധം അസ്തിത്വ നിഷേധം നാസ്തി എന്ന് പറഞ്ഞപ്പോ വിഗ്രഹിച്ചു ഷേധം അസ്ഥിയാണോ നാസ്തിയാണോ അസ്തിത്വ നിഷേധം അസ്ഥി അപ്പൊ നാസ്തി എന്ന് പറഞ്ഞാലോ അസ്ഥിയായി ഫലത്തിൽ അല്ലേ നാസ്തി എന്ന് പറഞ്ഞാൽ അസ്തിത്വത്തിന്റെ നിഷേധം അസ്തിത്വത്തിന്റെ നിഷേധമുണ്ടോ പറയുന്നു മേശയിൽ പുസ്തകം നാസ്തി എന്താർത്ഥം പുസ്തകത്തിന്റെ അസ്ഥിത്വത്തെ നിഷേധിച്ചു ഉറപ്പായി പുസ്തകം നാസ്തി ഇല്ല അപ്പൊ ആ നാസ്തിത്വം അതിനങ്ങൾക്ക് അംഗീകരിക്കേണ്ടി വരുന്നു എവിടെ മേശപ്പുറത്ത് ആ നാസ്തിത്വം ഇവിടെ ഉണ്ടെന്ന് പറയേണ്ടി ഇന്ന് ഇവിടെ മേശപ്പുറത്ത് അപ്പൊ അതെന്തായി അസ്ഥിയായി അസ്ഥിത്വ നിഷേധം അസ്ഥിയായി അപ്പോൾ അതൊന്ന് ശേഖരിക്കാൻ കഴിയത്തില്ല അപ്പോൾ നാസ്തി എന്ന് പറഞ്ഞതിനും ശബ്ദവാച്യം പ്രസിദ്ധ്യം ലോകെ എതി പുണ്യം എതിവ അന്യസ പ്രസിദ്ധി നിത്യേ ചേതനാ ഉത്കാരണി സതി ഉപപദ്ധ്യതി പറയുന്നു സുഹൃതം എന്നുള്ളതിനെന്താ അർത്ഥമോ പറഞ്ഞാ എഴുതി പുണ്യം പുണ്യം എന്ന് അർത്ഥമെടുക്കാം എന്തുകൊണ്ട് അത് ഫലസംബന്ധത്തെ ഉണ്ടാകുന്നു യാഗം ചെയ്യുന്നതിന് സ്വർഗസംബന്ധത്തെ ഉണ്ടാകുന്നു അതുകൊണ്ടതിന് പുണ്യം നടത്തം കൊടുക്കും എരിവാണ്യത്ത് ഇനി മറ്റൊരു അർത്ഥം കൊടുക്കുക സ്വയംകൃതം സ പ്രസിദ്ധർ നിത്യ ചേതനാമത്കാരനെ ഉപപദ്ധ്യത എന്തർത്ഥമെടുത്താലും ശരി ഈ പ്രപഞ്ചത്തിന് ചേതനാവാനായ ഒരു കാരണമുണ്ടെങ്കിൽ അത് ശരിയാകത്തുള്ളൂ ഉറക്കത്തിൽ ഇല്ലാതാകുന്നുണ്ടല്ലോ ജാഗ്രതത്തിൽ ചേതനാവാനായിരുന്നു ഉറക്കത്തിലേക്ക് പോയി നമ്മൾ പറയുന്നു ജഡമായ അവസ്ഥയെ പ്രാപിച്ചു ഒന്നും അറിയാതിരുന്നു വീണ്ടും ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ ചേതനാവാനായി വരുന്നു അപ്പൊ ജാഗ്രതയിൽ നാം രൂപാത്മകമായ ഈ സൃഷ്ടിയെ ഗ്രഹിക്കുന്നു ചേതനാവാനായിരുന്നു ഗ്രഹിക്കുന്നു അപ്പൊ ആ ഗ്രഹിക്കുന്നവൻ ചേതനാവാൻ സുഷൃപ്തിയിലുണ്ടായിരിക്കണം എന്നാലും ജാഗ്രതവൻ പറ്റും സൃഷ്ടിക്കാനും ഗ്രഹിക്കാനും പറ്റും അതുപോലെ നിത്യ ചേതനാപത്കാരനെ സതി ഉപപത്തിയതെ നിത്യമായ ചേതനാപത്തായ ഒരു കാരണമുണ്ടെങ്കിൽ മാത്രമേ സൃഷ്ടിക്കൂ അതുകൊണ്ട് ഈ അഭ്യാകൃതമായ അവസ്ഥയെ സുഹൃതം സ്വയം കൃതമെന്നോ പുണ്യമെന്നോ പറയാം എന്ത് പറഞ്ഞാലതാ അസത് ബ്രഹ്മം തന്നെയാണ് ബ്രഹ്മത്തിനും പുണ്യം എന്ന് പറയാം കസ്മദ് അസ്ഥിത്വ ബ്രഹ്മ സുഹൃത പ്രസിദ്ധി അതുകൊണ്ട് അസ്ഥിത്വ ബ്രഹ്മ ബ്രഹ്മം സ്ഥിതി ചെയ്യുന്നു സുഹൃത പ്രസിദ്ധി സുഹൃതം പ്രസിദ്ധമാണ് കർമ്മം ഫലം ഇതിൽ നിന്നുള്ള ബന്ധം ജീവനെ കർമ്മഫലത്തിന്റെ അടുത്തെത്തിക്കുന്നു ജീവനെ കർമ്മഫലഭോക്താവാകുന്നു ആക്കുന്നു ഇതിനെല്ലാം പിന്നിൽ ഒരാള് വേണം ആ ബ്രഹ്മം അതിന് കൂടെ സുഹൃതം എന്ന് പറയുന്നു അവൻ തന്നെയാണ് സുഷൃത്തിയിൽ ഇതിനെല്ലാം വിട്ടിരിക്കുന്നത് അവൻ തന്നെയാണ് ജാഗ്രതത്തിൽ ഇതിനെയെല്ലാം ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പറഞ്ഞത് തസ്മാത് തത് സുഹൃതം ഉച്ചരി അതുകൊണ്ട് ആ ബ്രഹ്മത്തെ തന്നെ സുഹൃതം എന്ന് പറയുന്നത് ഇതഹരസത്വരസത്വ പ്രസിദ്ധ ബ്രഹ്മണ ഇത്യഹ അപ്പൊ ആ സൃഷ്ടിക്കു മുമ്പ് ഇതുണ്ടായിരുന്നു നമ്മൾ ധരിക്കുന്നതുപോലെ ഒരു ശൂന്യതയല്ല ഈ ജാഗ്രതയിൽ ഇതിനെയെല്ലാം കാണുന്നവൻ തന്നെ സൃഷ്ടുണ്ടായിരുന്നു ജാഗ്രത്തിൽ ഈ സൃഷ്ടി ഈ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്നത് സൃഷ്ടിക്കു നിന്ന് യും യുക്തി പറയുന്നു കുത്ത ഹരസത്വ കുത്തോ രസത്വ പ്രസിദ്ധർ ബ്രഹ്മണയുക്തിയത ആഹാ രസത്വ അത് ആനന്ദമാണ് സുഷൃത്തി ആനന്ദമാണ് അതുകൊണ്ടാണ് നമ്മളത് ആഗ്രഹിക്കുന്നത് വീണ്ടും വീണ്ടും ആഗ്രഹിക്കുന്നു സുഷൃത്തിയിലേക്ക് പോകണം ആനന്ദമാണെങ്കിൽ അത് ആഗ്രഹിക്കത്തില്ല പിന്നെ ജീവൻ ആഗ്രഹിക്കാതെ തന്നെ പോകും സ്വഭാവമാണ് അതുകൊണ്ടാണ് ജാഗ്രത വളരെ ആനന്ദത്തെ അനുഭവിച്ചു ഈ ആനന്ദത്തെ എല്ലാം വിട്ടിട്ട് സൃഷ്ടിക്കുവാൻ ആഗ്രഹിക്കുന്നു ഓരോ ജീവനും അത് ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടാണ് ഈ ജാഗ്രത്തിലെ ആനന്ദം അത് കൃത്രിമ ഉപാധിജന്യമാണ് വിഷയ സംസർഗം കൊണ്ട് അനുഭവിക്കുന്ന അത് വാസ്തവത്തിലെന്താണ് രസമാണ് എന്നുവെച്ചാൽ അത് സഹജമായ ആനന്ദമാണ് സഹജമായ ആനന്ദം എന്ന് പറയുമ്പോൾ അനുഭവിക്കുന്ന ആനന്ദമുണ്ട് ആനന്ദത്തെക്കുറിച്ചുള്ള ചർച്ച കഴിഞ്ഞിട്ട് അവസാനം പറയും ആനന്ദം അനുഭവിക്കുന്ന ആനന്ദമുണ്ട് മധുരം കഴിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദം അതാണ് അനുഭവിക്കുന്ന ആനന്ദം പാട്ടും നൃത്തവും എല്ലാം കൊണ്ടുണ്ടാകുന്ന ആനന്ദം അതെല്ലാം അനുഭവിക്കുന്ന ആനന്ദം രസം എന്ന് പറയും ഇവിടെ ആനന്ദത്തിന്റെ പരമകാഷയെക്കുറിച്ച് പറയും ബ്രഹ്മണ ബ്രഹ്മാവിന്റെ ആനന്ദം അപ്പൊ ജാഗരത്തിനെയും സ്വപ്നത്തിനെയും അനന്താനുഭവങ്ങളെല്ലാം അനുഭവിക്കുന്ന ആനന്ദമാണ് അതെത്ര വലുതായിരിക്കും അത് സ്വാഭാവികമാണ് അനുഭവിച്ചോ അവിടെ ഉപാധിയുണ്ട് പറയുന്നു ഞാൻ സമാധിയിലിരുന്ന് വലിയ ആനന്ദത്തെ അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ അനുഭവിച്ചോ അനുഭവിക്കുന്നതിനെന്തായിരുന്നു അവിടെ ഉപാധി ആ സമാധി എന്ന് പറയുന്ന ഒരു പ്രത്യേക അവസ്ഥ അത് സ്വാഭാവികമാണ് അതിനെല്ലാം രസം എന്ന് പറയുന്നു ആനന്ദത്തെക്കുറിച്ചും കൂടെ ചർച്ച ചെയ്തിട്ട് പറയും അത് സഹജമായ ആനന്ദമല്ല എന്താ അവിടെ പ്രത്യേകത സഹജമായ ആനന്ദത്തിൽ അനുഭവിക്കുന്നവനും അനുഭവമില്ല സഹജമായ ആനന്ദമാണ് സുശൃതി അവിടെ അനുഭവിക്കുന്നവനും അനുഭവമില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ സുഹൃത്തിയിരുന്നു നമ്മൾ പറഞ്ഞു ആ ഇവിടെ നല്ല ആനന്ദമാണ് വ്യാഘ്രത്തിനും സ്വപ്നത്തിന് നമ്മൾ പറയാറുണ്ട് നല്ല ആനന്ദം എന്തുകൊണ്ട് അത് അനുഭവിക്കുന്ന ആനന്ദം ഇവിടെ സഹജമായ ആനന്ദം സ്വാഭാവികമായ ആനന്ദം അപ്പൊ ഇതെല്ലാം പ്രകടമായിരിക്കുമ്പോൾ ജാഗ്രത സ്വപ്നങ്ങളിൽ പ്രകടമായിരിക്കുന്ന നാമരൂപ ഉപാധികളിലൂടെ ആനന്ദത്തെ അനുഭവിക്കുന്നു അവിടെ അനുഭവിക്കുന്നവനുമുണ്ട് അനുഭവമുണ്ട് നിമിത്തമായ വിഷയമുണ്ട് അതാണ് സർവാനന്ദങ്ങളുടെയും സ്ഥിതി അതൊന്ന് സഹജാനന്ദമല്ല സഹജാനന്ദത്തെ അനുഭവിക്കാൻ പറ്റത്തില്ല അനുഭവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മധുരം കഴിച്ചിട്ട് അനുഭവിക്കുന്ന ആനന്ദത്തെ പോലെ അനുഭവിക്കാൻ പറ്റത്തില്ല അതാണ് സഹജമായ ആനന്ദം അതാണ് സുശക്തിയിലെ ആനന്ദം അന്ന് നമുക്ക് അവിടെ പറ്റില്ല നല്ല ആനന്ദം നല്ല ഉറക്കം നല്ല സുഖം പറയാൻ പറ്റും ഉറക്കത്തി പറയാൻ പറ്റത്തില്ല നല്ല സുഖമായ ഉറക്കം എന്നുകൊണ്ട് അത് കേട്ടിട്ടില്ലാത്ത വേദാന്തമായിരിക്കും പക്ഷെ അദ്വൈതം അത് സഹജമായ ആനന്ദം അതാണ് അല്ലാതെ നമ്മൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങളുണ്ടായിട്ട് ആ അനുഭവത്തിലുള്ള ആനന്ദം ഇനിയിപ്പോ പല ആനന്ദത്തെക്കുറിച്ച് പറയും ശ്രോത്രിയസ്യം അതമാ അമഹത്യം ബ്രാഹ്മണസ്യാനന്ദം അതുകൂടെ പറയും ആനന്ദം നമ്മൾ ഉദ്ദേശിക്കുന്ന ആനന്ദം എന്താ അതിനുള്ള പറയുന്നത് രസം എന്ന് പറയുന്നു അതനുഭവിക്കാൻ ഒക്കത്തില്ല അപ്പം നമ്മളെന്താണ് ആഗ്രഹിക്കുന്നത് നമുക്കിപ്പോൾ ആനന്ദാനുഭവമുണ്ട് മധുരം കഴിച്ചുള്ള ആനന്ദാനുഭവമുണ്ട് അനുകൂല വിഷയങ്ങളെ അനുഭവിക്കുമ്പോഴുള്ള ആനന്ദാനുപാദനം നമുക്കുള്ളതുകൊണ്ട് വിഷയങ്ങൾ അനുകൂലമായ ആനന്ദാനുഭവം പ്രതികൂലമായ ദുഃഖാനുഭവം ഈ ആനന്ദവും ദുഃഖവും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല ആനന്ദത്തെ നമ്മൾ ഇഷ്ടപ്പെടുന്നു ദുഃഖത്തെ വെറുക്കുന്നു ഈ വ്യത്യാസങ്ങൾ ഇത് രണ്ടും എന്താണെന്ന് അനുഭവവേദ്യമായ കാര്യങ്ങളാണ് ഈ ആനന്ദത്തിൽ ഒരു വലിയ ആനന്ദത്തെ നമ്മൾ ആഗ്രഹിക്കുന്നത് ആനന്ദത്തെ നമ്മൾ വിചാരിക്കുന്നു ഭക്തി കൊണ്ട് ആനന്ദം നേടാം യോഗം കൊണ്ട് ആനന്ദത്തെ നേടാം ജ്ഞാനം കൊണ്ട് നേടാം ആ നേടിയില്ലെങ്കിൽ നിരാശപ്പെടുത്തുന്നു ഇത്രയും കാലം ഇതെല്ലാം ചെയ്തിട്ടും ആനന്ദമില്ല ദുഃഖമാണ് പ്രയാസമാണ് ആ ഈ ജ്ഞാനം കൊണ്ടോ യോഗം കൊണ്ടോ ഭക്തി കൊണ്ടോ ഇപ്പൊ അനുഭവിക്കുന്നതിൽ നിന്നും വലിയൊരാനന്ദത്തെ നേടിയാൽ നല്ല കാര്യം തന്നെ അവർ നേടാൻ കഴിഞ്ഞാൽ പക്ഷെ അതും പരമാർത്ഥമല്ല എന്തുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു ആനന്ദത്തെ അനുഭവിക്കുന്നുവെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഏത് ഗുരുവായാലും ശരി എന്താ എൻ്റെ അർത്ഥം അവിടെ ആനന്ദത്തെ അനുഭവിക്കുന്ന ഗുരുവും ആനന്ദാനുഭവവും ഉണ്ട് അതല്ല എന്ന് ഭാഷകാരൻ ഇവിടെ തെളിച്ച് പറയും ഒരു സംശയത്തിനും ഇട കൊടുക്കാതെ പറയും അനുഭവിക്കുന്നവനും അനുഭവമുള്ള ആനന്ദത്തെ അല്ല ഇവിടെ പറയുന്നത് അത് പരമാർത്ഥമല്ല ഇങ്ങനൊരു വലിയ ആനന്ദത്തെ അനുഭവിച്ചു കഴിഞ്ഞാൽ എടുത്താൽ പൊങ്ങാത്ത ആനന്ദം വലിയ ഭാരമുള്ള ആനന്ദത്തെ അനുഭവിച്ചു കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ മടുത്തുപോകും തളർന്നു പോവും വീണ്ടും ദുഃഖത്തിലേക്ക് വരും സുഷൃത്തിയിൽ ദുഃഖിക്കാൻ പറ്റുമോ ഇല്ല എന്തുകൊണ്ട് അവിടെ ആനന്ദമില്ല ഈ വലിയ ആനന്ദം അവിടെ ഇല്ല അതുകൊണ്ട് തന്നെ അവിടെ ദുഃഖമില്ല അവിടെ എന്താനന്ദമേ ഉള്ളൂ സഹജമായ ആനന്ദമേ ഉള്ളൂ അതാണ് പരമാർത്ഥമായ ആനന്ദം അത് സ്വരൂപാനന്ദം അതിനെയാണ് ഭാഷയാലും പറഞ്ഞ് ബ്രഹ്മ ഉച്ച അതാണ് ബ്രഹ്മം അപ്പൊ ബ്രഹ്മം ആനന്ദമാണെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാകും അതാണ് പിന്നെ ആനന്ദത്തെക്കുറിച്ചൊക്കെ പറയുന്നതോ അത് പറയുന്നിടത്തെല്ലാം അനുഭവിക്കുന്ന ആനന്ദത്തെക്കുറിച്ച് പറയുന്നു മനസ്സിന്റെ ശാന്തിയെക്കുറിച്ച് പറയുന്നു അത് നല്ലതാണ് മനസ്സ് ശാന്തമായിരിക്കുക സ്വസ്ഥമായിരിക്കുക ആനന്ദമായിരിക്കുക അതൊക്കെ നല്ലതാണ് എന്തുകൊണ്ട് അത് ദുഃഖത്തിന് വിപരീതമാണ് ദുഃഖം നമ്മൾ വെറുക്കുന്നതാണ് ആനന്ദം ആഗ്രഹിക്കുന്നതാണ് അപ്പൊ ദുഃഖത്തിന് വിപരീതമായ ആനന്ദത്തെ എന്തിലൂടെയെങ്കിലും നേടാൻ കഴിഞ്ഞാൽ അത് ശ്രേഷ്ഠം തന്നെ ആനന്ദത്തെ അനുഭവിച്ചു അവിടെ ആനന്ദം അനുഭവിക്കുന്നവനും ആനന്ദത്തിൻ്റെ അനുഭവം എല്ലാം ഉണ്ടായിരിക്കും നല്ലത് അത് വിഷയാനുഭവത്തിലൂടെ അല്ലെങ്കിൽ സമാധി അനുഭവത്തിലൂടെയോ ഒക്കെ നേടുകയോ കളയുകയോ ഒക്കെ ആകാം അതിനുവേണ്ടി ഏത് അഭ്യാസവും സ്വീകരിക്കും പക്ഷേ അവിടെയെല്ലാം എന്ത് സംഭവിക്കും ദൈതംബരും അനുഭവിക്കുന്നവനും ഭോക്താവും അനുഭവവും ഇവിടെ അതിനെ കുറിച്ചല്ല പറയുന്നത് രസത്വ അത് ആനന്ദ സ്വരൂപമാണ് അത് രസമാണ് ആനന്ദമാണ് എന്നെന്തുകൊണ്ടാണ് ഉറപ്പിക്കുന്നത് കാരണം ഈ കോലാഹലങ്ങളെല്ലാം അവസാനിക്കുന്നിടത്ത് അവിടെ അനുഭവിക്കുന്നവൻ അനുഭവം എന്നുള്ള നിലയൊന്നും ഇല്ലാത്തടത്ത് ആ ഒരു അവസ്ഥയിൽ എത്തിച്ചേരാൻ ജീവൻ സഹജമായി ശ്രമിക്കുന്നു അതിന് ജീവനാരും പ്രേരിപ്പിക്കുന്നു പ്രേരിപ്പിക്കാതെ തന്നെ പോകുന്നു ഉണർന്നിരിക്കാൻ ശ്രമിക്കുന്നു സത്സംഗമാണ് നല്ല കാര്യമാണ് ഉറങ്ങാൻ പാടില്ല മറ്റുള്ളവർ കണ്ടാൽ എന്ത് വിചാരിക്കും ഇത് വന്നിരുന്ന് പറയുന്നയാളെന്ത് വിചാരിക്കും അങ്ങനെ പല ചിന്തകളും മനസ്സിലൂടെ കടന്നുപോയിട്ട് വളരെ ബലം പ്രയോഗിച്ച് ഉണരാൻ സഹജമായ ആനന്ദത്തെ വിടാൻ ശ്രമിക്കുന്നു പക്ഷെ മനസ്സെന്ത് ചെയ്യുന്നു സഹജമായ ആനന്ദത്തിലേക്ക് പോകുന്നു ഇതാണ് സത്സംഗത്തിന്റെ പ്രയോഗം അതുകൊണ്ട് സത്സംഗത്തിലാരും ഉറങ്ങരുതെന്ന് ഞാൻ പറയത്തില്ല ഉറങ്ങിയോ വിജയിച്ചു സത്സംഗം വിജയിച്ചു എന്തുകൊണ്ട് ഒരു സത്വാ അത് സഹജമാണ് കിത്രമോ അല്ല ബാക്കിയെല്ലാം കിടത്തുമോ ഉണരാൻ ശ്രമിക്കുന്നത് കൃത്രിമോ പിന്നെ ഇത്രേയുള്ള വ്യത്യാസം കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് ഇരുന്നുറങ്ങ കിടന്നുറങ്ങുക സഹജമായ ആനന്ദത്തിന് അതാണ് കുറച്ചുകൂടി സൗകര്യം ഇരുന്നുറങ്ങുകൊരു സർക്കസ് ആണ് കിടന്നു വേദനിക്കും പല പ്രശ്നങ്ങളും ഉണ്ടാകും പക്ഷെ അത് അവിടേക്ക് സഹജമായി പോകുന്നു എന്താണ് അത് ജീവന്റെ സ്വരൂപമാണ് സ്വഭാവമാണ് അത് പോകുന്നത് കുറ്റമല്ല തെറ്റല്ല അവിടെ പോയേ തീരും അതന്നെ അത് അതിന് കഴിയാതിരുന്നു കഴിഞ്ഞാൽ താളം തെറ്റിപ്പോകുന്നു സഹജമായ ആ നിലയിൽ പ്രാപിക്കാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ മനസ്സ് അതിന്റെ നിലവിട്ടു അതാണ് രസം എന്ന് പറയുന്നത് അല്ല അനുഭവിക്കുന്നതാണ് ഇതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യും ഭാഷകാര് ഒരു ആ സഹജമായ ആനന്ദത്തിൻ്റെ ഒരു പ്രതിഫലൻ അതാണ് ഈ മനസ്സിൽ അനുഭവപ്പെടുന്നത് വിഷയങ്ങളെ അനുഭവിക്കുമ്പോൾ അതാണ് സ്വന്തം നിലയിൽ നിന്ന് ഒരു ചുതി സംഭവിച്ചത് ഏതാണോ തൻ്റെ പരമാർത്ഥികമായ അവസ്ഥ അതിൽ നിന്ന് വഴിപ്പോയി അതാണ് ഈ ജാഗ്രസ്വത്വനാൻ അവിടെ ആ സഹജമായ ആനന്ദത്തെ പ്രാപിക്കാനുള്ള യത്നം അതാണ് സർവ ജീവവ്യാപാര പ്രാണാപാനാദികൾ തുടങ്ങി ശബ്ദസ്പർശ രൂപ രസഗ്രഹണങ്ങൾ ഉൾപ്പെടെയുള്ള സർവ്വതും അതിനുവേണ്ടിയിട്ടാണ് ആ സഹജമായ ഭാവത്തിലെത്തുന്നത് പക്ഷെ വഴുതെറ്റ് സഞ്ചരിക്കുന്നു ആ വഴുതെറ്റ് സഞ്ചരിക്കുമ്പോൾ യത്നവിശ്രമം അധികമായി വരുന്നു ക്ഷീണിക്കുന്നു വീണ്ടും ആ ക്ഷീണം കൊണ്ട് വീണ്ടും സഹജമായ അഭാവത്തിലേക്ക് പോകും മനസ്സും കരണങ്ങളുമെല്ലാം ക്ഷീണിക്കുന്നു വീണ്ടും ഇതിലേക്ക് വരുന്നു അല്ല വിശ്രമിച്ചു എനർജി തിരിച്ചു കിട്ടും ഊർജം തിരിച്ചു വരും വീണ്ടും പ്രവർത്തിക്കണം അവിടെ ഇരിക്കാൻ കഴിഞ്ഞില്ല അതെന്തുകൊണ്ടാണ് കഴിയാത്തത് അതിന് സമാധാനം ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല ഒരു ശാസ്ത്രത്തിലും പറയും എന്തുകൊണ്ടാണ് അവിടെ തന്നെ തുടരാൻ കഴിയുന്നില്ല സമാധാനം കിട്ടാത്തതുകൊണ്ടാണ് അതിന് പറയുന്നത് മായ ഉത്തരമില്ലാത്ത ചോദ്യം അതാണ് രസം കൂത്തു രസത്വ പ്രസിദ്ധ ബ്രഹ്മണയുക്ത എന്തുകൊണ്ടത് രസമായി എന്തുകൊണ്ടന്നെ രസം എന്ന് പറയുന്നത് അടുത്ത മന്ത്രത്തിൽ പറയുന്നു രസോ വൈസഹ രസം ഹേവായും ലബ്ധു ആനന്ദി ഭൂതി രസോ വൈസഹ രസത്തിന് വേറെ അർത്ഥമുണ്ട് എന്താണോ രസോനാമ തൃപ്തിഹേതുർ ആനന്ദഗുരു മധുരാം പ്രസിദ്ധോ ലോകെ ലോകത്തിൽ നമ്മളാൾക്കാരുടെ രസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പാർ പുളിശ്ശേരി രസം അങ്ങനെ വരും അതെന്ത ഭാഷകാരനും പറയും രസം നാമ തൃപ്തി ഹേതു തൃപ്തിക്ക് ഹേതുവായിരിക്കുന്ന നമ്മുടെ ഈ തൃപ്തി ആനന്ദം ഭക്ഷണത്തിലൂടെ കിട്ടുന്ന ആനന്ദം ആനന്ദകരോ ആനന്ദത്തെ ഉണ്ടാക്കുന്ന മധുര അമ്ളാദി മധുരം ആമ്ലം തുടങ്ങിയ രസങ്ങൾ അമ്ലം രസങ്ങൾ അത് സന്തോഷത്തെ ഉണ്ടാക്കുന്നതാണ് പക്ഷേറ്റവും കൂടുതൽ എല്ലാവർക്കും അല്ലെങ്കിലും ഭൂരിപക്ഷം പേർക്കും ആനന്ദത്തെ കൊടുക്കുന്നതാണ് മധുര അമ്ളാതി രസങ്ങൾ എല്ലാവർക്കും ഇതാനന്ത കൊടുക്കുന്നതാണ് ഇത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് പറയുന്ന പ്രസിദ്ധ ലോകേ ഇപ്പോൾ ആ മധുര അമ്ളാദി രസം കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ ആനന്ദത്തെ അനുഭവിക്കുന്നു ജീവൻ നല്ല സുഖം എന്ന് പറയും തൃപ്തി ആനന്ദം അതനുഭവിക്കുന്നു തൃപ്തി ആനന്ദം സാധാരണ വിഷയങ്ങളെ അനുഭവിച്ചു വരുന്ന ആനന്ദത്തെ നമ്മൾ തൃപ്തി എന്ന് പറയും സഹജമായ ആനന്ദത്തെ നമ്മൾ തൃപ്തി എന്ന് പറയാറില്ല കാരണം അവിടെ വിഷയാനുഭവത്തിൻ്റെ ആവശ്യം വരുന്നത് അതുകൊണ്ടുതന്നെ നമ്മൾ തീർത്തി എന്ന് വിളിക്കാറ് പ്രസമയവായ ബ്ലബ് പ്രാപ്തി ആനന്ദി സുഖീ ഭവതി വൈരസത്തെ നേടിയിട്ട് അവൻ സുഖിയായി തീരുന്നു ഇവിടെ വിഷയങ്ങൾ അനുഭവിച്ചിട്ട് സുഖിയായി തീരുന്നു വിഷയങ്ങളൊരു നിമിത്തമാക്കുന്നു നിമിത്തമാതി അക്കി അവൻ സുഖിയായി മാറുന്നു നാശതഹ ആനന്ദേതും ദുഷ്ടം ലോക ലോകത്തിന് നോക്കുക മധുരം കൊണ്ട് ആനന്ദമുണ്ടാകും മധുരത്തിന്റെ ഇല്ലായ്മ അതാനന്ദത്തെ ഉണ്ടാക്കുന്നില്ല മധുരം തന്നെ കിട്ടണം മധുര അഭാവാനന്ദത്തെ ഉണ്ടാക്കുന്നില്ല എന്നുവെച്ചാൽ മധുരത്തിൽ നിന്ന് കിട്ടുന്ന ആനന്ദത്തെ അത് പാട്ട് കേൾക്കുമ്പോൾ ആനന്ദം വരുന്നു ആ ആനന്ദം പാട്ട് കേൾക്കാതിരുന്ന ഉണ്ടാകത്തില്ല ഇതാണ് ലോകത്തിലെ അനുഭവം ഓരോ ഉപാധികളെ നമ്മൾ ആനന്ദത്തെ നേടും ഭൗതികവും ആത്മീയവുമാവുന്ന ഉപാധി എന്നാൽ ധനരഹിതീഹ നിരേഷ ബ്രാഹ്മണ ബാഹ്യരസലാഭാ ഇവ സാനന്ദ ദൃശ്യൻ വിദ്വംസോ നൂനബ്രഹ്മവരസത്തെ വിദ്നോ അവിദ്നന്ത വ്യത്യാസ വിദ്വം ബ്രഹ്മമാണ് അവിദ്വ്രഹ്മമാണ് രണ്ടുപേരും മുക്തന്മാരല്ലേ കഷികരുടെ അടുത്ത് പറയും ആ ചോദ്യങ്ങൾക്കൊക്കെ സമാധാനം പറയുകയാണ് എങ്ങനെ വിദ്വാൻ മാത്രം മുക്തനാകുമോ അതുപോലെ ബാഹ്യാനന്ദസാധനരഹിത വിദ്വാൻ ഈ തത്വത്തെ ഗ്രഹിച്ചവൻ അവന് ബാഹ്യമായ ആനന്ദസാധനം ഇല്ലെങ്കിലും ആ ആനന്ദത്തിൽ തന്നെ അതാണ് സ്വാധികമായി അവൻ ആനന്ദിക്കുന്നില്ല ആനന്ദിക്കുന്നില്ല മധുരം ആനന്ദിക്കാൻ പറ്റും ഓരോ ഇന്ദ്രിയങ്ങളെയും സമാധാനിപ്പിക്കുന്ന വിഷയങ്ങൾ ഉണ്ടായാലേ ആനന്ദിക്കുന്നില്ല ശബ്ദസ്പർശ രൂപരസഗ ഗന്ധങ്ങളാകുന്ന വിഷയങ്ങൾ അനുകൂല വിഷയങ്ങളിൽ അശരിച്ച് മാത്രം ആനന്ദിക്കുന്നുണ്ടല്ലോ അല്ലേ ശബ്ദത്തിലൂടെ ആനന്ദിക്കും നല്ല ഗാനം കേട്ടാൽ ആനന്ദിക്കും അതാണ് ബാഹ്യ ആനന്ദ സാധനം നല്ല മണം സുഗന്ധം ആനന്ദിക്കും നല്ല രൂപം സൗന്ദര്യം അതാനന്ദിക്കും അതാണ് ബാഹ്യ ആനന്ദ സാധനം പക്ഷേ ഈ സാധനരഹിത ഈ ലോകത്തിലെ ഈ ബാഹ്യാനന്ദ സാധനങ്ങൾ ഇല്ലാതെയും എന്നുവെച്ചാൽ അതിനെ ആശ്രയിക്കാതെയും അവൻ്റെ മുമ്പിൽ ലോകം ഉണ്ടോ ഇല്ല എന്നുള്ളാൽ അവനതിനെ സ്വീകരിക്കുന്നു തിരസ്കരിക്കുന്നു എന്നുള്ളാൽ അതൊന്നും കൂടാതെ തന്നെ അനീഹാഹ അതിനുവേണ്ടിയുള്ള പ്രത്യേക ചേഷ്ടകളൊന്നും കൂടാതെ ഇഹ ചേഷ്ഠ അതിനെ പ്രാപിക്കുന്നതിനുള്ള വലിയ യത്നങ്ങളൊന്നും കൂടാതെ നിരേഷണാഹ അതിനുവേണ്ടിയുള്ള കാമനകളൊന്നും കൂടാതെ ഇന്നത് നേടണം എനിക്ക് ആനന്ദിക്കണം അങ്ങനെയുള്ള യേഷനുകളൊന്നും കൂടാതെ ബ്രാഹ്മണ വിദ്വാംസഹ വിദ്വാൻ എന്നുള്ളതിന്റെ വിശേഷമായിട്ടാണ് ബ്രാഹ്മണൻ വിദ്വാൻ ബ്രഹ്മജ്ഞാനി തത്വത്തെ അറിയുന്നവൻ അവൻ ബാഹ്യരസലാഭാദിവ ഈ വിഷയങ്ങളെയെല്ലാം സ്വീകരിച്ച് ആനന്ദിക്കുന്നവരെ പോലെ തൻ സാനന്ദ ദൃശ്യന്തി സാനന്ദം ആനന്ദമുള്ളവരായി കാണപ്പെടുന്നു ലോകത്ത് ഒരു കൂട്ടർ ആനന്ദത്തിന് വേണ്ടി വിഷയങ്ങളെ സ്വീകരിക്കുന്നു മറ്റൊരു കൂട്ടർ അതിനുവേണ്ടി ഒരു യത്നവും കൂടാതെ അതിനുള്ള ആഗ്രഹങ്ങളൊന്നും കൂടാതെ മറ്റുള്ളവർ ആനന്ദിക്കുന്നത് തന്നെ അവരും നിത്യതൃത്വം നിരാശ്രയ എന്നെല്ലാം പറഞ്ഞത് അങ്ങനെ ആനന്ദിക്കുന്നു എന്താ അവർക്കുള്ള രസത്തിന്റെ ഉപാധി ആഗ്രഹം കൂടാതെ യത്നം കൂടാതെ അവരാനന്ദിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് വിദ്വാനോ വിദ്വാനും തമ്മിൽ ഉള്ള വ്യത്യാസം ഈ ആനന്ദത്തെയാണ് മുക്തി എന്ന് പറയുന്നത് ഈ ആനന്ദം ഇതിനു വേണ്ടിയിട്ടാണ് ഈ ആനന്ദത്തെ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കഠിനമായ വ്രതങ്ങൾ ബ്രഹ്മചര്യം പോലെയുള്ള വ്രതങ്ങളെല്ലാം സ്വീകരിക്കുന്നത് വിഷയങ്ങളുടെ സഹായം കൂടാതെ തന്നെ ആനന്ദിക്കാൻ പറ്റും ഇവർക്കെങ്ങനെ ആനന്ദിക്കാൻ കഴിയുന്നു ഇതൊന്നും കൂടാതെ മറ്റുള്ളവർ വിഷയസേവയിലൂടെ ആനന്ദത്തെ അനുഭവിക്കുമ്പോൾ അതിന്റെ പിറകെ പോയി ആനന്ദത്തെ പ്രാപിക്കാനുമെന്നും ആഗ്രഹിക്കുന്നില്ല അതൊന്നും വേണ്ട അത് കൂടാതെ തന്നെ ആനന്ദിക്കുന്നു ഇവർക്കെങ്ങനെ ആനന്ദിക്കാൻ കഴിയുന്നു തീർച്ചയായും ബ്രഹ്മേവ രസത്തേശാം അവരുടെ ആനന്ദം ബ്രഹ്മം തന്നെ അവരുടെ സഹജമായ ആനന്ദം എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ച് അവിദ്വാനും വിഷയ അനുഭവവേളയിൽ ആനന്ദിക്കുന്നത് പോലെ ഈ വിഷയാനുഭവങ്ങളൊന്നും കൂടാതെ തന്നെ അവർ സഹജമായി ആനന്ദത്തിലിരിക്കുന്നു നിത്യ തൃപ്തരായിരിക്കുന്നു ആനന്ദത്തിനു വേണ്ടി ഒന്നിന് സ്വീകരിക്കേണ്ടി വരുന്നില്ല സാനന്ദാഹ ദൃശ്യം വിദ്വാൻമാർ അങ്ങനെ കാണപ്പെടുന്നു തസ്മാത് അസ്ഥി തീഷാം ആനന്ദകാരണം രസം ബ്രഹ്മ അപ്പോ ആനന്ദസ്വരൂപമായ ഒരു ബ്രഹ്മമുണ്ട് അങ്ങനെയൊന്നുണ്ട് ഇവിടെ ഏതെങ്കിലും ഒരു ജീവൻ ഈ ഉപാധികളെയൊന്നും ആശ്രയിക്കാതെ ആനന്ദിക്കുന്നുണ്ടെങ്കിൽ സഹജാനന്ദത്തിൽ സ്ഥിതി അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം ആനന്ദകാരണം അങ്ങനെ ഒരു ആനന്ദത്തിന് കാരണമായ രസവത്ത് ആനന്ദവത്തായ ആനന്ദസ്വരൂപമായി ഒരു ബ്രഹ്മമുണ്ട് ആനന്ദകാരണമായ ബ്രഹ്മം ആനന്ദസ്വരൂപമാണ് അതാണ് പരമാനന്ദ കാരണം എന്നുള്ളതിന് വിദ്വാൻമാര് തന്നെ പ്രമാണം വിദ്വത് അനുഭവം തന്നെ പ്രമാണം അനുഭവ അവസാനത്ത ബ്രഹ്മവിദ്യഹ ഭാഷകാരൻ പറഞ്ഞു ബ്രഹ്മസൂത്രത്തിൽ അത് അനുഭവം അവസാനത്തിലാണ് അനുഭവത്തിൽ അവസാനിക്കുകയാണ് പക്ഷെ അനുഭവം അനുഭവം എന്ന് പറയുമ്പോൾ നമ്മൾ ധരിക്കുന്ന അനുഭവമാണ് കാരണം നമുക്ക് ഒരേ അനുഭവമേ നമുക്ക് പരിചയമുള്ളൂ എന്താണ് അനുഭവിക്കുന്നവനും അനുഭവം അനുഭവം രണ്ടും ഇവിടെ അതിനെക്കുറിച്ചല്ല ചർച്ച ചെയ്യുന്നു അനുഭവിക്കുന്നവനും അനുഭവം നിൽക്കുന്നതും എപ്പോ ഉപാധികളിലൂടെ ആനന്ദത്തെ സ്വീകരിക്കുമ്പോഴാണ് അതെന്തായാലും ശരി യോഗമായാലും ശരി ത്യാഗമായാലും ശരി ത്യാഗവും ചിലർക്ക് ആനന്ദത്തെ ഉണ്ടാകും വൈരാഗ്യം ചിലർക്ക് ആനന്ദത്തെ ഉണ്ടാകും എല്ലാത്തിനും ഉപേക്ഷിച്ച് ഒന്നും വേണ്ടെന്നില്ല അതൊരു ആനന്ദമാണ് എല്ലാവർക്കും അത് ആനന്ദത്തെ കൊടുക്കത്തില്ല അതിനുള്ള വാസനയുള്ളവനത് ആനന്ദത്തെ കൊടുക്കും ഒന്നും വേണ്ടെന്ന് വെച്ച് വാസന അനുകൂലമാണെങ്കിൽ ആ അവൻ ആനന്ദത്തെ കൊടുക്കും പക്ഷെ അവിടെയും എന്താണ് വിഷയത്യാഗത്തെക്കുറിച്ചുള്ള അവന്റെ കല്പന മാനസികനില അതാണ് അവന് ആനന്ദത്തെ കൊടുത്തത് ബ്രഹ്മമല്ല ആനന്ദത്തെ കൊടുത്തത് തത്വജ്ഞാനം ഉണ്ടാവണമെന്നില്ല വൈരാഗ്യം കൊണ്ട് ജ്ഞാനം ഉണ്ടാവണമെന്നില്ല സഹജമായ ആനന്ദത്തിലാണ് അവനെന്ന് പറയാൻ കഴിയുന്നത് എല്ലാം ഉപേക്ഷിച്ച് ശ്മശാനത്തിൽ പോയിരിക്കുന്ന ഒരുവൻ അവിടെ തീരുപ്പവന് ഇഷ്ടമാണെങ്കിൽ അത് ആനന്ദത്തെ കൊടുക്കും പക്ഷെ അതുകൊണ്ട് അവൻ ബ്രഹ്മാനന്ദത്തിലെന്ന് പറയാൻ കഴിയത്തില്ല എന്തുകൊണ്ടാണ് അവിടെ ഇഷ്ടമായ വിഷയമുണ്ടെന്താണ് ശ്മശാന അപ്പോ ആ ആനന്ദം പോലും സ്വാഭാവികമാണ് എന്തുകൊണ്ടത് അവനിഷ്ടമായി ശ്മശാനത്തെ ഇഷ്ടപ്പെടുന്നുണ്ട് ശ്മശാനത്തിന്റെ മൂകതയും മറ്റു അവന് ഇഷ്ടമാണ് അതുമെന്താണ് മനസ്സിന്റെ കൽപ്പന കൊണ്ടുവരുന്ന ആനന്ദമാണ് അത് വിഷയത്തെ അനുഭവിച്ചു വരുന്ന ആനന്ദത്തിന്റെ വേറൊരു പതിപ്പ് എങ്ങനെയാണ് സഹജമായ ആനന്ദമല്ല കാരണം അവിടെയും അതിന് തത്വജ്ഞാനത്തിൻ്റെ ആവശ്യമുണ്ട് വിഷയവിരോധം മാത്രം മതി മനസ്സിൽ വേറെ കാട്ടിലിരിക്കുന്ന സ്വസ്ഥതയുണ്ട് സമാധാനമുണ്ട് ഉണ്ടാകാം കാട്ടിലിരുന്ന് കഴിഞ്ഞാൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകാം അതും സഹജമായ ആനന്ദമല്ല അത് അവിദ്വാനമാകാം അത്തരം ആനന്ദങ്ങൾ ി വളരെ അഭ്യസിച്ച് മനസ്സിനെ ഒരു പ്രത്യേക നിലയിലെത്തിച്ച് അവിടെ ആനന്ദം അനുഭവിക്കുന്നു സമാധി അതിനും വിദ്യ വേണമെന്ന് തത്വജ്ഞനായിരിക്കണമെന്നില്ല അതും ആനന്ദമാണ് ശ്രേഷ്ഠമായ ആനന്ദമാണ് പക്ഷേ സഹജമായ ആനന്ദമായിരിക്കണമെന്നില്ല എന്തുകൊണ്ട് അവിടെ അവൻ ഉപാധികളെ സ്വീകരിക്കുന്നു മനസ്സിനെ മെലുകി മനസ്സിനെ തന്നെ ഉപാധിയാക്കി മാറ്റി അതുകൊണ്ട് ആനന്ദിക്കുന്നു അതല്ല ഇവിടെ പറയുന്നത് ഇവിടെ എന്താണോ നിരേഷനാഹ അങ്ങനെ ആനന്ദത്തിന് വേണ്ടി ഒരു ചേഷ്ട ആനന്ദത്തിനു വേണ്ടിയുള്ള ചേഷ്ടയാണവനെ ശ്മശാനത്തിൽ പിടിച്ചിരുത്തുന്നത് അതേ ചേഷ്ടവനെ സമാധിക്ക് പ്രേരിപ്പിക്കുന്നു അഭ്യാസത്തിന് പ്രേരിപ്പിക്കുന്നു ഇതൊരേഷനാഹ അതിനുള്ള ആഗ്രഹമാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത് മനേഷനയിൽ നിന്നുമൊക്കെ തന്നെ വിദ്വൻ അങ്ങനെയല്ല മനേഷനാരഹിതനാണ് സഹജമായ ആനന്ദത്തിന് ചേഷ്ഠയും അതായത് രീതയും ഏഷനയും രണ്ടും ആവശ്യമല്ല കൃത്രിമമായ ആനന്ദങ്ങൾക്ക് ഇതൊക്കെ ആവശ്യമാണ് അഭ്യാസങ്ങൾ ആവശ്യമാണ് ഈ പറയുന്നത് അദ്വൈതമാണ് മറ്റുള്ളവർ ആനന്ദിക്കുന്നത് പോലെ ബാഹ്യരസലാഭാദ അതുപോലെ വിദ്വാനും ആനന്ദിക്കുന്നു ബ്രഹ്മ രസത്വേഷ അവരുടെ ആനന്ദം ബ്രഹ്മം തന്നെയാണ് തസ്മാത് അസ്ഥിത്വേഷാം ആനന്ദകാരണം രസവത് ബ്രഹ്മ അതുകൊണ്ടെന്നാണ് അവർക്ക് ആനന്ദകാരണമായ ്രഹ്മുണ്ട് അപ്പൊ നമ്മൾ ആനന്ദത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങളെ പിന്തുടർന്ന് അതിനുള്ള ഉപായങ്ങളെ അവലംബിച്ച് അതിനുള്ള യേഷണകളെ നിലനിർത്തി അതിനുള്ള ചേഷ്ഠകളിലൂടെ ആനന്ദത്തിലെത്തിച്ചേരും എത്ര വലിയ ആനന്ദമായാലും ശരി വിദ്വാൻ അങ്ങനെ വിദ്വാന്റെ ആനന്ദം അത് വിദ്വാന്റെ സ്വരൂപം തന്നെയാണ് അത് ബ്രഹ്മസ്വരൂപം തന്നെയാണ് അതുകൊണ്ടാണ് മനസ്സിലാക്കാം അതൊരു പ്രമാണമാണ് ശ്രുതി പറയുന്ന കൂടാതെ എന്താണ് ഈ ബ്രഹ്മം ആനന്ദസ്വരൂപമാണ് ഇതശ്ചാസ്തി ഉത ഇനിയുമുണ്ട് ഭ്രഹ്മം ആനന്ദമാണെന്നുള്ളതിന് അടയാളങ്ങൾ തെളിവുകൾ പ്രമാണങ്ങൾ എന്താണ് പ്രാണനാദിക്രിയാദർശന ജീവനിൽ കാണുന്നില്ലേ പ്രാണാപാനങ്ങൾ ശ്രുതി പറയുന്നത് എന്താണ് രസംഹ്യവ അയം ലബ്വ ആനന്ദീഭൂതി കോഹ്യേവ്യാത് അത് ഭാഷകാലം വ്യാഖ്യാനിക്കുന്നു അയമപിഹി പിണ്ടോ ജീവത പ്രാണേന പ്രാണിതി അപാനേന അപാനിതി പിണ്ടോ ഈ പിണ്ടം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ ശരീരത്തെ ആശ്രയിച്ചിരിക്കുന്ന ജീവനെയാണ് അതുകൊണ്ടാണ് പിണ്ടമെന്ന് പറയുന്നത് കേവലം ശരീരത്തെയല്ല മൃതശരീരവും പിണ്ടമാണ് കേവലം ജീവനെയല്ല അതിൻ്റെ അനുഭവം നോക്കും ഇപ്പോ ഇല്ല നമുക്ക് ഈ പിഡത്തിൽ ഇരിക്കുന്ന ജീവനെയാണ് ആ ജീവനായിട്ടാണ് സ്വയം നമ്മുടെ അനുഭവം ജീവാനുഭവവും നമ്മൾ മറ്റ് ജീവന്മാരെ അറിയുന്നു അങ്ങനെയാണ് ശരീരത്തോടു കൂടിയാണ് അങ്ങനെ ഈ പിണ്ട രൂപത്തിലിരിക്കുന്ന ജീവത അവിടെ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് പ്രാണേന പ്രാണിധി അപാനി പ്രാണന വ്യാപാരം ചെയ്യുന്നു അപാനം വ്യാപാരം ചെയ്യുന്നു വായവീയാഷ്ടച്ചമാന ദൃശ്യം ഈ പ്രാണാപാനാദി പ്രവൃത്തികൾ ഇങ്ങനെ അനുസ്യതമായി നടക്കും അത് പ്രാണാപാനാദി വ്യാപാരങ്ങൾ പറയുന്നു വായവീയമായ വ്യാപാരങ്ങൾ വായുസംബന്ധിയാൽ വ്യാപാരങ്ങൾ ശബ്ദസ്പർശ രൂപ സഗന്ധങ്ങൾ ആഗ്രഹിക്കുന്നത് ഐന്ദ്രിയ ചേഷ്ട ജീവനീ ചേഷ്ടകൾ സദാ ചെയ്തുകൊണ്ടേയിരിക്കുന്നു എങ്ങനെ സമൂഹതൈഹി കാര്യകരണൈഹി ീ കാര്യകർണങ്ങൾ കാര്യം ശരീരം കർണം ഇന്ദ്രിയങ്ങളും പ്രാണന്മാരും ഇതെല്ലാം കൊണ്ട് നിർവർത്തിയമാനഹ നിർവഹിക്കുന്നു ദൃശ്യന്റെ ഓരോ ജീവനും അനുഭവപ്പെടുന്നു ഇത് പ്രത്യേകിച്ചൊരു സുഖത്തിനു വേണ്ടിയൊന്നുമല്ല ഈ ജീവൻ ഈ ശരീരത്തിൽ ഇന്ന് ശ്വാസോ ശ്വാസവും ചെയ്യും ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇന്ന സുഖം കിട്ടുമെന്ന് അങ്ങനെ വേണ്ടി ആരെങ്കിലും വിശ്വസിക്കാറുണ്ട് ആ കാണുന്നതും കേൾക്കുന്നതും രുചിക്കുന്നതുമൊക്കെ പ്രത്യേക അസുഖത്തിന് വേണ്ടി എന്ന് പറയാം പക്ഷെ പ്രാണാപാനാദി വ്യാപാരങ്ങളെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ കഴിയില്ല അതിങ്ങനെ ജാഗ്രത സ്വപ്നങ്ങളിലെല്ലാം ഇതിങ്ങനെ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നു സുഷുയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും അത് നടന്നതായിട്ടാണ് അനുഭവം ഇതേത് പ്രത്യേക സുഖത്തിന് വേണ്ടിയിട്ടാണ് എനിക്ക് പറയാൻ കഴിയുമോ ആ ഞാൻ എന്റെ സുഖത്തിന് വേണ്ടി ശ്വാസം ശ്വാസം ചെയ്യുന്നു അത് പ്രവർത്തനങ്ങൾ പ്രാണാപാനാദി പ്രവർത്തനങ്ങൾ ഇന്ദ്രിയ വ്യാപാരങ്ങൾ ഇതിങ്ങനെ കൂട്ടിച്ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റേതോ ഒന്നിനു വേണ്ടിയിട്ടാണ് തച്ച സംഹനം ന അന്തരേണ ചേതനം അസംഹതം സംഭവത്തി ഇതെല്ലാം ഒരേയൊരു ലക്ഷ്യത്തിൽ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നു മറ്റാർക്കു വേണ്ടി പ്രവർത്തിക്കുന്നു പ്രാണാപാല അറിവുകളെല്ലാം അതേസമയം ഇങ്ങനെ ഏകാർത്ഥവൃത്തിയാണ് ഒരു പ്രയോജനത്തെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നു സംഹനം കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്നു ഒരുമിക്കൽ അവിടെ കാണുന്നുണ്ട് ഒന്നും മറ്റൊന്നിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നല്ലോ ഈ ശരീരം മുഴുവൻ ഈ പ്രാണാൻ അപാനാദി ഈ ഇതിൻ്റെ പ്രവർത്തനങ്ങളാണ് ഈ ശരീരത്തിൻ്റെ ജൈവികമായ എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിച്ചു നിർത്തുന്നത് ഈ ശരീരത്തിലെ എണ്ണിയാലൊടുങ്ങാത്ത രാസപ്രവർത്തനങ്ങൾ നമ്മളെ ബുദ്ധിയുണ്ട് ഒരിക്കലും പെണ്ണി തീർക്കാൻ കഴിയാത്ത പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത പ്രവർത്തനങ്ങൾ ഇതിലൊരു ഏകോപനം നമ്മൾ കാണുന്നുണ്ട് ആ തെറ്റിയ പിന്നെ ശരീരമില്ല പ്രഷർ കൂടിയാൽ ഷുഗർ കുറഞ്ഞാൽ കൊളസ്ട്രോൾ കൂടിയാൽ തീർന്നു അപ്പൊ ഈ ഏകോപനം ഈ ശരീരത്തിൽ നടക്കുന്നുണ്ടല്ലോ ഒന്നിനൊന്നിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ തീർന്നു ഇതെങ്ങനെയായി ഇത്രയും കൃത്യമായി ഈ ശരീരത്തിലൊരു സംവനനം ഏകോപനമായ ഒരു പ്രവൃത്തി നടക്കുന്നത് ഇത് ഒന്നിനു വേണ്ടി എന്ന് പറയാൻ പറ്റുമോ അത് പറ്റത്തില്ല ഇവിടെ പത്തുന്നൂറ് പേര് ഏകോപിച്ച് പ്രവർത്തിക്കുന്നു അവരെ ഏകോപിപ്പിക്കുന്ന മറ്റൊരാളുണ്ട് അതുകൊണ്ട് ഏകോപിച്ച് പ്രവർത്തിക്കുന്നത് അങ്ങനെ ഒരാളില്ലെങ്കിൽ എല്ലാവർക്കും ഏകോപിച്ച് പ്രവർത്തിക്കാൻ പറ്റത്തില്ല ഓരോരുത്തരും ഓരോരുത്തർക്ക് തോന്നിയതുവരെ പ്രവർത്തിക്കുക അപ്പം ഇവരെ ഏകോപിപ്പിക്കുന്നതിന് മറ്റെടാറുണ്ട് അതുപോലെ ഈ ശരീരത്തിന്റെ പ്രാണപാന പ്രാണവ്യാപാരം എന്ന് പറയുന്നത് ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളുമാണ് അതിനാശ്രയിച്ച് നടക്കുന്ന നമ്മുടെ ഓരോ കോശങ്ങളിലും നടക്കുന്ന ഈ രാസപ്രവർത്തനങ്ങളെല്ലാം ഏകോപിച്ച് പ്രവർത്തിക്കുന്നു ഏകോപിപ്പിക്കുന്ന ഒരാളുണ്ട് അയാൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ എല്ലാവരും പ്രവർത്തിക്കുന്നത് യോജിച്ച് പ്രവർത്തിക്കുന്ന മറ്റൊരു മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ് മറ്റൊരാളിനെ ലക്ഷ്യമാക്കിയിട്ടാണ് അങ്ങനെ ഒരു ലക്ഷ്യമില്ലെങ്കിൽ പിന്നെ ആരും ഏകോപിക്കത്തില്ല പ്രവർത്തിക്കത്തില്ല ആ ലക്ഷ്യം ഉള്ളിടത്തോളം കാലമേ ഏകോപനവും പ്രവൃത്തിയും അതുപോയോ ആ ലക്ഷ്യം മനസ്സിലില്ലേ പിന്നെ ആ ഏകോപനം അതുപോലെ ഈ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിക്കുന്നതാര്ക്ക് വേണ്ടി അല്ലെങ്കിൽ ആരാണ് ഇതിനെ ഏകോപിപ്പിക്കുന്നത് അത് ഇതിൽ നിന്നും വ്യത്യസ്തമായി സ്വതന്ത്രമായി ഇതെല്ലാം കേവലം ജഡവസ്തുത ഇതിനൊന്നും ഇങ്ങനെ പ്രവർത്തിക്കുന്നതിന് സ്വയം ശക്തിയില്ല അത് മറ്റൊരു ചേതനന്റെ സാന്നിധ്യത്തിലേ അത് സംഭവിക്കുന്നു എവിടെയെങ്കിലും ആ സാന്നിധ്യം ഇവിടെ ആണെങ്കിലും വേറിട ഇവിടെ നിന്നിറങ്ങി വേറിടെ പോയി അവിടെയും ആ സാന്നിധ്യമുണ്ടെങ്കിലേ പ്രവർത്തിക്കാൻ കഴിയും ശരീരത്തിൽ നിന്ന് കുറച്ച് ഭാഗങ്ങളെ പലതാക്കി പല ഭാഗത്ത് പോയി അവിടെ ഏകോപനം നഷ്ടപ്പെട്ടു ഇങ്ങനെ പ്രവർത്തിക്കുന്നില്ല എല്ലാം നശിച്ചു ആ സാന്നിധ്യത്തെ അവിടെ കൊണ്ടുപോയി അവിടെയും അന്ന് െന്താണോ ചേതനം അസംഹതം ഇങ്ങനെയുള്ള ഈ ഏകോപനത്തിൽ ഉൾപ്പെടാതെ ഇതിൽ നിന്നും മാറി നിൽക്കുന്ന ഒരാളുണ്ട് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ മാത്രമേ ഇത് സംഭവിക്കത്തുള്ളൂ അല്ലേ ഇതെല്ലാം പ്രവർത്തിക്കുന്നു ഇതിനൊക്കെ ഒരു ലക്ഷ്യമുണ്ട് ഇതിനെ നിലനിർത്തുക അതാണ് ഈ ശരീരത്തിലെ ഈ എല്ലാ ഘടകങ്ങളും കുടിച്ചേർന്ന് കയ്യും കാലും മുപ്പും സ്ഥൂലമായി അതിനുള്ളിൽ ഓരോ കോശങ്ങളും ഇതെല്ലാം ഇങ്ങനെ ഏകോപിച്ച് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഇതിനെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അത് പ്രവർത്തിച്ച് പ്രവർത്തിച്ച് അത് ക്ഷീണിക്കുമ്പോൾ തളരുമ്പോ ഇതിനെ നിലനിർത്താൻ കഴിയാതെ വരുമ്പോൾ എല്ലാം വേർപെട്ട് പോകും പറയുന്നതെല്ലാം എവിടെ നിന്നാണോ ഇതൊക്കെ വന്ന് ചേർന്ന് അവിടേക്ക് പഞ്ചഭൂതങ്ങളിലേക്ക് ലയിച്ചു പോകുന്നു ഇതിൽ നിന്ന് വേറിട്ട ഒരാൾക്ക് വേണ്ടി അസംഹതനായ ഒരാൾ ഇതിൽ നിന്ന് മാറിയിരിക്കുന്നു അതും ഒരടയാളമാണ് പറഞ്ഞിരുന്നു ഈഹ ചേഷ്ട എന്തിനു വേണ്ടിയും ആനന്ദത്തിനു വേണ്ടി ഇതെല്ലാം പ്രവർത്തിക്കുന്ന അതിനു വേണ്ടിയിട്ടാണ് ലക്ഷ്യമുണ്ട് ഒരു സുഖത്തിനു വേണ്ടിയായിരുന്നു പ്രവർത്തിക്കുന്നത് അപ്പം ആ സുഖസ്വരൂപമായി ഒന്ന് ഇരുന്ന് മാറിയിരിക്കുന്നു അല്ലേ ഒരു സമ്മാനം മാറ്റിട്ട് കുറേ പേരിട്ട് കളിപ്പിക്കുന്നതുപോലെ ട്രോഫി അതിനുവേണ്ടി മരിച്ചു കളിക്കുന്നു ക്രിക്കറ്റ് ഒരു ശരീരം അങ്ങനെ ഒരു ക്രിക്കറ്റ് കളിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഒരു ട്രോഫിക്ക് വേണ്ടി ഒരു ആനന്ദത്തിന് വേണ്ടിയിട്ട് അതെന്താണ് ഇതിൽ നിന്ന് വേറിട്ടാണ് അതിനൊരു ജോലിയില്ല കളിയിൽ ഏർപ്പെടുന്നില്ല പക്ഷെ അത് ആണിതിൻ്റെ പ്രചോദനം ആനന്ദമാണ് ഇതിന്റെ പ്രചോദത്തിനം അതുകൊണ്ടാണ് പറയുന്നത് അസംഹതമാണ് അത് ചേതനമാണ് അതിന് ഇതിന്റെ ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല ഇതെല്ലാം കൂടി ചേർന്ന് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു ഇവരുടെ ഈ നിരന്തരമായ അധ്വാനത്തിൽ നിന്ന് മനസ്സിലാക്കാം ഇത് ഈ അധ്വാനം മറ്റാർക്ക് വേണ്ടിയാണ് അതിനാണ് ആനന്ദം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പിന്നെ ട്രോഫി ആണതോ അല്ലെങ്കിൽ പിന്നെ അതിനുവേണ്ടി കളിക്കൂ ഇല്ലല്ലോ അതാണ് ഇവിടെ സംഭവിക്കുന്നത് അന്യത്ര ദർശനം അത് അങ്ങനെ അല്ലാതെ ലോകത്ത് ഒരിടത്തും കാണുന്നില്ല ട്രോഫി ഇല്ലാതെ കളി കാണുന്നില്ല അതാണ് മത്സരങ്ങളെല്ലാം ഉള്ളിടത്ത് ഒരു വിജയത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അപ്പൊ എവിടെയെങ്കിലും കൂടി ചേർന്ന് ഒരു പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ അവരെ കൂടിച്ചേർക്കാൻ പ്രേരിപ്പിക്കുന്ന എന്തോ ഒന്നുണ്ട് ഒരു ലക്ഷ്യമുണ്ട് അങ്ങനെയല്ല അത് കാണുന്നില്ല അപ്പോൾ പ്രാണാപാനാദി വ്യാപാരങ്ങൾ ഈ ശരീരത്തിൽ നടക്കുന്നതുകൊണ്ടും മനസ്സിലാക്കാം ഈ പ്രവർത്തനങ്ങളെല്ലാം ഒന്നിനെ നേടാൻ നേടുന്ന ഇപ്പോഴെന്തായിരിക്കും ഇഷ്ടമുള്ള ഒന്നിനെ ഇഷ്ടമുള്ള എന്തായിരിക്കും അത് ഇഷ്ട സ്വരൂപമായിരിക്കും ആനന്ദ സ്വരൂപമാണ് ആനന്ദ സ്വരൂപത്തെ പ്രാപിക്കുന്നതിനൊരു ചേഷ്ടയാണിതല്ല എന്നാ പറഞ്ഞു വരുന്നത് ആനന്ദസ്വരൂപമോ ഇതിൽ നിന്ന് വേറിട്ടതാണ് അസംഹതമാണ് ഇത് ഈ ഘടവസ്തുക്കളിങ്ങനെ തമ്മിലടിക്കുന്നത് ചേതനമായ ആനന്ദത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ചേതനമാണ് ആനന്ദമാണ് അതിന് ബ്രഹ്മജ്ഞാനിയാകേണ്ട കാര്യമില്ല യുക്തിയിലൂടെ ചിന്തിച്ചാലും മനസ്സിലാകും അതിനുവേണ്ടിയിട്ടാണ് ശ്രുതി ഇത് പറഞ്ഞത് തകാശേ പരമേ വ്യോമിനുഹാ നിഹിതോന്നെ കോ ഹലോകേ അനു അപാന ചേരുന്നു ആകാശേ പരമേ വ്യോമിന ഗുഹാന്ദോ ഹൃദയഗുഹൈ നിഹിതമായ ഒളിഞ്ഞിരിക്കുന്ന ഒരാനന്ദം നസ്യല്ലാതിരുന്നുവെങ്കിൽ അപ്പോൾ ഈ ചേഷ്ടകൾക്കെല്ലാം പിന്നൽ ഒരാനന്ദം ഇല്ലാതിരുന്നുവെങ്കിൽ നഭവേ അങ്ങനെ ഒരു ആനന്ദം ഇല്ലാതിരുന്നുവെങ്കിൽ യുക്തിയാണ് കോഹിയവലോകെ അന്യാ അല്ലെങ്കിൽ പിന്നെ ഈ ലോകത്തിൽ ഏതൊരു ജീവനാണ് അപാന ചേഷ്ടുര്യാ പ്രാണ അപാനം തുടങ്ങിയ ചേഷ്ടകളെല്ലാം എങ്ങനെ ഈ ജീവനിൽ സംഭവിക്കും ശേഷ്ടയും ഈഹയും എങ്ങനെ സംഭവിക്കും ഇതെല്ലാം ആനന്ദത്തിന് വേണ്ടിയിട്ടാണ് അക്കാര്യത്തെ തർക്കമുണ്ട് ആഗ്രഹിക്കുന്നത് ആനന്ദത്തെ പ്രവർത്തിക്കുന്ന ആനന്ദത്തിനു വേണ്ടി ആരുടെ ആനന്ദത്തിന് വേണ്ടി ഏത് ആനന്ദത്തിന് വേണ്ടി ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം വിവേകിക്ക് മനസ്സിലാകും ബുദ്ധിയുള്ളതിന് മനസ്സിലാവും ജീവൻ ആനന്ദത്തിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് പക്ഷെ ആനന്ദം എവിടെ എങ്ങനെയെന്നുള്ളതിലാണ് ആശയക്കുഴപ്പം വന്നിരിക്കുന്നത് ആ ആനന്ദം ഈ സംഘാതത്തിന് ആധാരമായി തന്നെ ഉണ്ട് ഏതൊരു ആനന്ദത്തിന് വേണ്ടിയാണോ ഈ സംഘാതം പ്രവർത്തിക്കുന്നത് ആനന്ദം തന്നെയാണ് ഇതിൻ്റെ ആധാരം അതാണ് പറഞ്ഞു വരുന്നത് പ്രാണനം വാ കുര്യാദ പിന്നെ ഇവിടെ ഈ പ്രാണന ചേഷ്ട ഉണ്ടാവും തസ്മാത് അസ്ഥിത്വ ബ്രഹ്മ അതുകൊണ്ട് മനസ്സിലാക്കാൻ എന്താണോ ഇതിന് പിന്നിൽ ആനന്ദ സ്വരൂപമായ ഒന്നുണ്ട് ആനന്ദസ്വരൂപമായ അതിനെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത് അതിൻ്റെ സാന്നിധ്യത്തിൽ ഈ സഹജമായ സർവപ്രവൃത്തികളും നടക്കുന്നു ജാഗ്രത്തിന് സ്വപ്നത്തിന് പ്രവൃത്തികളിലൂടെ അവൻ ആനന്ദത്തെ കിട്ടുന്നില്ല പൂർണ്ണമായി പ്രാപിക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഈ പ്രവർത്തനങ്ങളെല്ലാം അവന് അത് നേടിയാലും ശരി അവനെ തളർത്തും തളർത്തുമ്പോൾ മറ്റൊന്നിൻ്റെ സഹായം കൂടാതെ തന്നെ എന്തിനു വേണ്ടിയാണോ അവനീ യത്നങ്ങളെല്ലാം ചെയ്തത് അവിടേക്ക് സഹജമായി എത്തിച്ചേരും അതാണ് സുഷു അതാണ് സഹജമായ ആനന്ദം അതാണ് തദ് അതാണ് ബ്രഹ്മം